അള്ളാഹു സുബഹാനകൂവറ്റയാല സൃഷ്ടിച്ച കൃഷികളിലും കന്നുകാലികളിലും അവർ അള്ളാഹുവിനായി ഒരു വിഹിതം നിശ്ചയിച്ചു അവർ അവകാശപ്പെടുന്നു ഇത് അള്ളാഹുവിനുള്ളതാണ് ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാണ് അങ്ങനെ അവരുടെ പങ്കാളികൾക്കുള്ളത് അള്ളാഹുവിൻറെ അടുക്കലെത്തുന്നില്ല എന്നാൽ അള്ളാഹുവിനുള്ളത് അവരുടെ പങ്കാളികളുടെ അടുക്കൽ അവർ വിധിക്കുന്നത് എത്ര മോശമാണ്